സത്യവിശ്വാസം വിശ്വസിക്കുകയും ഹിജറ പോവുകയും അള്ളാഹു സുബാനഹു വറ്റാലായുടെ മാർഗത്തിൽ പരിശ്രമിക്കുകയും ചെയ്തവരും അവർക്ക് അഭയം നൽകി സഹായിക്കുകയും ചെയ്തവരും യഥാർത്ഥ സത്യവിശ്വാസികളാകുന്നു അവർക്ക് പാപമോചനവും ഉത്തമമായ ഉപജീവനവും ഉണ്ടാകും